സ്ത്രോത്രം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ ഈ ഞായറാഴ്ച പാൽക്കാലം നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവമും ബാകെ ആയിരിക്കാൻ ഇത്രത്തോളം സഹായിച്ചല്ലോ എല്ലാത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ വിവിധമായ അനുഭവങ്ങളിലൂടെ ഓരോരുത്തരെയും നടത്തി അവിടെ ഈ ദൈവത്തിൻ്റെ ദൃഷ്ടിയും കാവലും എല്ലാ കരുതലുകളെയും ഓർത്തു പിന്നെയും നന്ദി ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് രണ്ടും വാക്യങ്ങൾ വായിച്ചുകൊള്ളട്ടെ എക്ഷ പ്രവചന അറുപത്താറാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു ഹോബ ചെയ്യുന്നു സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതവോട് വാങ്ങുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം എൻ്റെ വിശ്രാമ സ്ഥലവും എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി ഇതൊക്കെയും ഉളവായതെന്ന് ഹോബ ചെയ്യുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും കഥാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തി സ്വർഗത്തിലും ഭൂമിയിലും നിവർത്തിച്ചു അതിൽ പങ്കാളികളാകുവാനായിട്ടാണ് ദൈവത്തിൻ്റെ മക്കളായ നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നതെന്നുള്ള ഗൗരവമായ അനുഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കി നൈവ് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നാൽ ഇതിൽ നമുക്ക് പങ്കുകാരനാകണമെങ്കിൽ നമുക്കുള്ള യോഗ്യതയാണ് ഇവിടെ നമ്മൾ അതിൻ്റെ അറുപത്താറിൻ്റെ രണ്ടിൻ്റെ അവസാന വാക്യങ്ങൾ നമ്മൾ വായിച്ചെങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൻ്റെ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുന്നു മൂന്ന് യോഗ്യതയാണ് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയിൽ പങ്കുകാരാകാൻ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അരിഷ്ടത നമ്മുടെ ദാരിദ്ര്യാവസ്ഥ ആത്മാവിലുള്ള ദാരിദ്ര്യം ഇതൊക്കെ അതിനെ ഓർപ്പിക്കുന്നു ആ താഴ്മയുടെ മനോഭാവം ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെ നമുക്കാവശ്യമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് പങ്കാളികളാകുവാൻ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു യേശു ക്രിസ്തു തന്നെ നമുക്കതിന് മാതൃകയായിട്ട് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി തികച്ചെടുത്തു തന്നില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും ഫിലിപ്പ്യ ലേഖനം രണ്ടാമദ്ധ്യായത്തിന്റെ അഞ്ചു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഏറ്റവും പരിചിതമായ വാക്യങ്ങളാണ് ക്രിസ്തേശ ഉള്ള തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവത്തോ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും യേശുവിൻ്റെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിനത് കാണാനായിട്ട് ഇടയായിത്തീർന്നു അങ്ങനെ പല നമ്മളിപ്പോൾ ലോകത്തിൽ നോക്കിയാൽ പിതാക്കന്മാരൊക്കെ മക്കളെ ഒരു സ്ഥാനത്താക്കാൻ തങ്ങളുടെ അധികാരവും സ്വാധീനവും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു എന്നാൽ സ്വർഗീയ സൽഗുണപൂർണ്ണനായ സ്വർഗീയ പിതാവ് ഒരിക്കലും അല്ല തൻ്റെ പുത്രനെ സകല നാമത്തിലും എല്ലാ ഉയർത്തി കൊണ്ടുവരാനിടയായി തീർന്ന അങ്ങനെ പിതാവിൻ്റെ അസ്വാധീനം ഉപയോഗിച്ചല്ല പുത്രൻ ആ അതിനുവേണ്ട എല്ലാ യോഗ്യതയും പ്രാപിച്ച് തന്നെയാണ് ആ സ്ഥാനത്തെത്തിയത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അതിന് തന്നിൽ ഉണ്ടായി വന്നതായ ആ ഏറ്റവും ആ താഴ്മയുള്ള അനുഭവമാണ് നമ്മളിവിടെ വായിച്ചത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ ദൈവിക പ്രവർത്തികളിൽ പങ്കാളികളാകാൻ നമുക്കും ഈ താഴ്മയാണ് ഏറ്റവും വലിയ യോഗ്യതയായിട്ട് ദൈവം കാണുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെയും മനുഷ്യൻ്റെ മുമ്പാകെയും താഴ്മയുള്ളവരായിട്ട് നിൽക്കുന്ന അനുഭവമാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ദൈവപ്രവർത്തികളിൽ നമുക്ക് പങ്കാളികളാകുവാൻ ദൈവം മുമ്പാകെ ഉദാഹരണമായിട്ട് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവവും ബാകെ താഴ്വി താഴ്മയോടെ ഒരു ഉദാഹരണം നമുക്ക് വളരെ പരിചിതമായ വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ ഒമ്പതാം വാക്യം മുതൽ തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിഖരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്നാൽ രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി ഒരു പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചു പറിക്കാർ വിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെപ്പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു കർത്താവിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു ദൈവം ബാഗയെ താഴ്ന്നതിനുള്ളതായ വ്യക്തമായ ഒരു ഉദാഹരണമാണ് യേശു കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നതായ കാര്യം നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയിൽ നമ്മൾ തന്നെ നീതീകരിക്കുമോ നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമോ ചെയ്യുമ്പോഴൊക്കെയും നമ്മൾ തന്നെത്താൻ ഉയർത്തുകയാണ് എന്നാണ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നതായൊരു സത്യം ഇതിന് മുമ്പാകെ നമ്മൾ ഒരു അവകാശവാദവുമില്ലാതെ താഴ്മയോടെ നിൽക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ അരിഷ്ടതകളുമായിട്ട് ദൈവം മുമ്പാകെ നിൽക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ തന്നെ ഉള്ള അവസ്ഥയിൽ ദൈവം നമ്മളെ സ്വീകരിക്കും എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ മനുഷ്യരുടെ മുമ്പാകെ നമ്മളെ താഴ്ത്തുന്നതിനും ഒരു ഉദാഹരണം ദൈവവചനത്തിൽ പറയുന്നുണ്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ പതിനാലാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് അവന് ഇടം കൊടുക്കുക നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും തന്നെത്താൻ ഉയർത്തുന്നവനല്ല താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഇവിടെയും മനുഷ്യരുടെ മുമ്പാകെ താഴ്ന്നതിനെ ഒരു ഉദാഹരണമായിട്ട് നമുക്കിവിടെ ഈ കർത്താവ് ഉദാഹരണം പറഞ്ഞ സംഭവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് നമ്മൾ ഫലകരമായി തീരണമെങ്കിൽ നമ്മളിൽ ഒഴിച്ചു കൂടാൻ വയ്യാത്ത ഒരു അനുഭവമാണ് ദൈവം മുമ്പാകുകയും ഈ താഴ്മയുള്ള ഒരു അനുഭവം നമ്മൾ നിരന്തരം സൂക്ഷിക്കുകയും ആ നിലയിൽ തന്നെയാണോ ഒരു കാലത്ത് ഒരുപക്ഷെ എന്നാൽ കാലം മുന്നോട്ട് ചെല്ലുമ്പോൾ ആ താഴ്മയുടെ അനുഭവം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ ദൈവമും ബാകെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ മനുഷ്യരുടെ നമ്മൾ ആയിരിക്കുമ്പോൾ അത് നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ അരിഷ്ടത ആണ് ദൈവവും ബാകെ യോഗ്യത എന്ന് നമ്മളെപ്പോഴും ഓർക്കുവാനിടയായിത്തീരണം നമ്മുടെ ആത്മീയ ദാരിദ്ര്യമാണ് നമുക്ക് ദൈവുമ്പാകെ നിൽക്കുവാനുള്ളതായ യോഗ്യതയും നമ്മൾ തിരിച്ചറിയുകയും അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും സ്വയം പരിശോധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ പങ്കാളിത്തം നമുക്ക് ഉറപ്പാക്കാനായിട്ട് കഴിയും കർത്താവിന് നമ്മൾ ഏറ്റവും ഫലകരമായി തീരുവാനിടയായിത്തീരും ആ ഒരു അനുഭവത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം അരിഷ്ടനെയും മനസ്സ് തകർന്നവനെയും തൻ്റെ വചനത്തിങ്കൾ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ദൈവം കടാക്ഷിക്കുന്നു കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തിയിലും പങ്കാളിത്തം വഹിക്കാൻ നമ്മളിൽ ആ ഒരു സ്വഭാവം കീപ്പ് ദൈവം നമ്മളെ സഹായിക്കട്ടെ യശയ്യ പ്രവചനം അമ്പത്തേഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം യശയാവ് അമ്പത്തി ഏഴിൻ്റെ പതിനഞ്ചാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനും അയാൻ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താവമമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം മനയും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അരിഷ്ടതയും താഴ്മയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നല്ലോ അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ മനസ്താപവും മനോ മനസ്താപമുള്ള അല്ലെങ്കിൽ ഹൃദയ നുറുക്കമുള്ള ഒരു അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് തകരും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് തകർച്ച വരും ഇങ്ങനെ പല നിലകളിൽ മനസ്സ് തകരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ ഇതിനെ നമ്മൾ തിരിച്ചറിയുവാനിടയായിത്തീരും സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്ന ഹൃദയം നുറുങ്ങിയവർക്ക് ഹുവാ സമീപസ്ഥൻ മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഈ മുപ്പത്തി നാലാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ അവൻ്റെ പദ്ധ പശ്ചാത്തലം ആ സങ്കീർത്തനത്തിന്റെ മുമ്പായിട്ട് എഴുതിയിട്ടുണ്ട് ദാവീദ് ആ ഭീമലേക്കിന്റെ മുമ്പിൽ ബുദ്ധിഭർമ്മം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം ദാവീദ് ഷവുലിനെ ഭയപ്പെട്ട് ഒളിച്ച് നടക്കുമ്പോൾ ഒരിക്കൽ ഫലിസ്തീൻ ദാവീദിനെ പിടിക്കുവാനിടയായിത്തീർന്നു അങ്ങനെ ദാവീദിനെ പിടിച്ച് അവരുടെ രാജാവായ അബിമലേഖിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഭാഗം നമ്മൾ ശമ്മുകലിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നല്ല അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താൻ ബുദ്ധിപുറമെന്ന് അടിച്ചു പ്രാന്തനെപ്പോലെ ആയി അങ്ങനെ ഒരു പ്രാന്തനെന്നുള്ള നിലയിൽ ഒരു പരിഗണനയിൽ അവർ ഫെലിസ്തീൻ രാജാവായ അബീമലേക്ക് ദാവീതിനെ ആട്ടിപ്പുറത്താക്കി കളഞ്ഞു അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് എഴുതിയ സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനമാണെന്ന് അതിൻ്റെ തലക്കെട്ടിൽ നമ്മൾ വായിക്കുന്നു അതിൽ ഈ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന് അനേക നല്ല വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിലൊരു വളരെ നമുക്കറിയാവുന്നൊരു വാക്യമാണ് ഹൃദയം നുറുങ്ങിയവർക്ക് ഹോമ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നതുള്ളതായ വചനം ഇവിടെ ദാവീദിൻ്റെ മനസ്സ് തകർന്നത് താൻ അഭിമുഖീകരിച്ച വലിയ പ്രതിസന്ധികളുടെ നടുവിലാണ് ശൗല് തന്നെ കൊല്ലുവാനായിട്ട് ഓടിച്ചു അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ വേറൊരു ശത്രുവിൻ്റെ കയ്യിൽ താൻ അകപ്പെടുന്നു അങ്ങനെ എല്ലാ പ്രതിസന്ധികളുടെയും നടുവിലാണ് തന്നെ ഹൃദയം തകർന്ന് നുറുങ്ങിപ്പോയത് നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകാറുണ്ട് തകർന്നു പോകാറുണ്ട് ആ നുറുക്കത്തോടെ നമ്മൾ ദൈവമുമ്പാകെ കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കും ആ നുറുക്കത്തിൽ നമ്മൾ നിരാശപ്പെട്ട് പോകാതെ ദൈവ ദൈവസന്നിധിയിലേക്ക് അടുത്തു എന്നുള്ളതാണ് അതിനുള്ളതായ പരിഹാരം പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിലെ വലിയ തകർച്ച ഉണ്ടായി കോഴി കോഴി തനിക്കതിനെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ തൻ്റെ ഹൃദയം തകർന്നുപോയി എന്നാൽ ദൈവത്തെ സന്നിധി വിട്ട് പോകാതെ താൻ യേശുവിൻ്റെ തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ യൂതായയുടെ ജീവിതത്തിൽ താൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്നുള്ളതായ കാര്യത്തിൽ താൻ യേശു പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടായിട്ട് താൻ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനിടയായി തീർന്നില്ല മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് ചെന്നു അവർ തന്നെ തള്ളിക്കളഞ്ഞു താൻ നാശയോഗ്യനായി തീരുവാനിടയായി തീർന്നു അപ്പോൾ ഹൃദയനുറുക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഹൃദയം നുറുക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക നമ്മുടെ ദൈവ സന്നിധിയിലേക്ക് അടുത്ത് വരിക നമ്മുടെ തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തോട് തന്നെ ദൈവമും ബാകെ അടുത്തു വരിക അവൻ നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ നുറുങ്ങിയ ഹൃദയവുമായിട്ട് ദൈവമും ബാകെ അവൻ നമ്മളെ നിശ്ചയമായിട്ട് രക്ഷിക്കുന്ന ദൈവമാണ് അതുപോലെ സങ്കീർത്തനം അമ്പത്തൊന്നിൻ്റെ പതിനേഴിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറങ്ങിയ ഹൃദയത്തെ ദൈവം എന്നെ നിരസിക്കുകയില്ല ഇതും ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് ഇതിൽ ഈ സങ്കീർത്തനം എഴുതിയ പശ്ചാത്തലം വേറൊന്നാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം അവൻ ബത്സേബായയുടെ അടുക്കൽ ചെന്നശേഷം നാദാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് എന്നാണ് ഈ അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് നമ്മൾ വായിക്കുന്നത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ വലിയ പാപം ചെയ്യുവാനിടയായിത്തീർന്നു വ്യഭിചാരവും കൊലപാതവും ഒക്കെ ഇന്നത്തെ അളവിൽ നോക്കിയാൽ വളരെ ഗുരുതരമായ പാപങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി താൻ അത് രാജാവെന്നുള്ള നിലയിൽ അതിനെ അവഗണിച്ച് പോകുമ്പോൾ തനിക്ക് ആ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ദൈവം നാദാൻ പ്രവാചകനെ അയക്കുകയും നാദാൻ പ്രവാചകൻ ബോധ്യം വരുത്തിയപ്പോൾ താൻ തൻ്റെ ഹൃദയം നുറങ്ങി താൻ ഏറ്റവും തകർന്നവനായി ദൈവ സന്നിധിലേക്ക് തന്നെ വരുവാനിടയായി തീർത്തു തനിക്ക് രാജാവെന്നുള്ള നിലയിൽ അതിനെ നിഷേധിച്ച് സ്വയമായിട്ട് ന്യായീകരിച്ചോ എന്നെ ധിക്കരിച്ചോ എന്തെങ്കിലും ചെയ്യാനുള്ളതായ അവകാശമുണ്ട് അധികാരമൊക്കെ ഉണ്ട് എന്നാൽ താൻ തൻ്റെ ഹൃദയം അവിടെ നിറങ്ങുകയും തകരുകയും ചെയ്യുവാനിടയായിത്തീർന്നു തനിക്ക് ആ നിലയിൽ ദൈവം ചെന്നപ്പോൾ തന്നെ ദൈവം നീതീകരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു അതാ ഇതിനൊരു കാര്യം മനസ്സിലായി ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേനെ നിരസിക്കുകയില്ല നമ്മുടെ ജീവിതത്തിലെ ഉള്ള പാപത്തെക്കുറിച്ചും നമുക്ക് നുറുക്കമുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു യാഗം തന്നെയാണ് ആ ദൈവം നമ്മുടെ ദൈവം ആ യാഗത്തെ നിഷേധിക്കുന്ന ദൈവമല്ല എന്ന് നമുക്ക് ദാവീതിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു അപ്പോൾ ജീവിതത്തിൽ പാപനിമിത്വവും നമുക്ക് ഹൃദയം ആ പാപത്തെക്കുറിച്ച് ബോധ്യം വരുമ്പോൾ അതിൻ്റെ ദൈവമുമ്പാകെ നമുക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുവാനിടയായിത്തീരും ആ നുറങ്ങുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ലെന്ന ദാവീദിൻ്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നു നമ്മുടെ ജീവിതത്തിൽ പാപക്ഷമയും അതോടൊപ്പം ദൈവത്തിൻ്റെ കൃപയും നമുക്ക് പുതിയ ഉടമ്പടിയിൽ ദൈവം ചെയ്തിരിക്കുന്നു അങ്ങനെ നമുക്ക് തകർന്നിരിക്കുന്ന മനസ്സോടെ നമ്മൾ ദൈവം നമ്മുടെ പാപങ്ങളെ മായിട്ട് കടന്നു വരുമ്പോൾ ദൈവം അത് നമ്മളോട് ശമിക്കുകയും ദൈവത്തിൻ്റെ കൃപ നമ്മൾക്ക് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപയും ദൈവം തരുവാൻ അവൻ വിശ്വസ്തനാണ് അപ്പോൾ മനസ്സ് തകർന്ന ഒരവസ്ഥയിൽ നമ്മൾ ദൈവവും ആകെ നിൽക്കുന്നതിൻ്റെ വളരെ വലുതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളേ ശിയ പ്രവചനം അറുപത്താറാം അധ്യായത്തിൽ വായിച്ച പോലെ അരിഷ്ടം മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും അപ്പോൾ തകർന്നൊരു മനസ്സുമായിട്ട് ദൈവം ഭാഗം നിൽക്കുന്നത് വളരെ വിലയേറിയ ഒരു കാര്യമാണ് അത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധിയുടെ മുഖത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ കൃപയും അവൻ നേരുവാനും നമ്മുടെ ഈ തകർന്ന മനസ്സിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരും സങ്കീർത്തനം നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യം നടുങ്ങുവീൻ പാപം ചെയ്യാതിരുപ്പീൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരുപ്പീൻ സങ്കീർത്തനം നാലിൻ്റെ നാലാണ് നമ്മൾ വായിച്ചത് യഥാർത്ഥത്തിൽ നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പാകെ വിറയ്ക്കേണ്ടതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് വിറയൽ ഉണ്ടാകേണ്ടത് പാപത്തോടുള്ള ബന്ധത്തിലാണ് പാപം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതായ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളെ ഭരിക്കേണ്ടത് ആ നിലയിൽ പാപത്തെ ഗൗരവമായി കാണാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അല്ലാതെ ഉള്ള ഒരു ദൈവഭയം നമ്മളെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരു പിതാവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അടുത്തു വരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവ ലേകനെന്നു നീ വിശ്വസിക്കുന്നു കൊള്ളാം പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു ദൈവവചനത്തിലെ ഉപദേശപ്രകാരമുള്ള ഒരു ദൈവത്തെ ഭയപ്പെട്ടങ്ങ് പോകുന്ന ഒരു അനുഭവമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് പിതാവിനോടുള്ളതായ ബന്ധം ആ പിതാവിനോടുള്ളതായ ഒരു ഭയം പിതാവ് എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നു നമ്മളോട് ചേർന്നിരിക്കാൻ പിതാവ് ആഗ്രഹിക്കുന്നു എന്നാൽ പാപം നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നതാണെന്നുള്ളതായ ബോധ്യമാണ് നമ്മളെ ദൈവഭയത്തിലേക്ക് നടത്തേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് അവിടുത്തെ കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായിട്ടില്ല എന്ന് എന്നാൽ നമ്മളെയും നമ്മളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നപ്പിക്കുന്നത് നമ്മുടെ അകൃത്യങ്ങളാണ് നമ്മുടെ പാപങ്ങളാണെന്ന് വിഷയ നമ്മൾ വായിക്കുന്നു അപ്പോൾ പാപം നമ്മളെ ദൈവത്തിൽ നകറ്റുന്നതാണെന്നുള്ളതായ ഒരു ഭയമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടുനടക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന പിതാവിനോടുള്ളതായ തികഞ്ഞ സ്നേഹത്തിൽ എന്നാൽ ഈ ബന്ധം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ പാപത്തെ കാണുവാൻ പാപത്തെ അന്നലെ ഗൗരവമായിട്ടെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം നമുക്ക് സ്വയമായിട്ട് കഴിയാത്ത കാര്യങ്ങളെ നമ്മളെ സഹായിപ്പാൻ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ആ ദൈവത്തോടുള്ള നല്ല ബന്ധം സൂക്ഷിച്ചു ദൈവം നമ്മളെ സഹായിക്കട്ടെ അതാണ് ദൈവം നമ്മളെന്നാഗ്രഹിക്കുന്നത് നമുക്ക് നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ സാധിപ്പിപ്പാൻ ദൈവം തോട് അവൻ നമുക്ക് പരിശുദ്ധാൽ അവന് നൽകും ദൈവീക വചന സത്യങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ മാറ്റിവെക്കുവാനിടയാകരുത് നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ നമ്മൾ മാറ്റിവെച്ച് ഒഴിവായി പോകാനായിട്ട് ഇടയായി തീരരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല എന്നുള്ള നിലയിൽ മാറ്റിവെക്കാനിടയാകാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അതിനോട് അടുത്തു വരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അരിഷ്ടനെയും മനസ്സുതാർന്നവനെയും തൻ്റെ വചനത്തിങ്കിൽ മനുഷ്യനെ ദൈവം ആ ഒരു അനുഭവമാണ് ഫലകരമായൊരു ക്രിസ്ത്യൻ ജീവിതത്തിന് നമ്മൾക്ക് നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ മൂന്നാനുഭവങ്ങളും അരിഷ്ടത അല്ലെങ്കിൽ ആത്മീയ ദാരിദ്ര്യം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യവർക്കുള്ളത് ആ ഒരു താഴ്മയോടെ ദൈവത്തിൻ്റെ മുമ്പാകെ മനുഷ്യരുടെ മുമ്പാകെ ജീവിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ പാപ പരമായ വിഷയങ്ങളുടെ മുഖത്തും മനസ്സ് തകർന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടത് ഫലകരമായൊരു ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് ആവശ്യമാണ് അത് നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതാണ് അതുപോലെ ദൈവവചനത്തെ നമ്മൾ ഗൗരവമായി കാണുകയും പാപത്തെ ഗൗരവമായി കാണുകയും അതിൻ്റെ മുമ്പിൽ ഇത് ദൈവത്തെയും എന്നെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ദൈവവചനത്തെ ഗൗരവമായി കാണാൻ പാപത്തെ ഗൗരവമായി കാണാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം ഫലകരമായൊരു ക്രിസ്ത്യ ജീവിതത്തിന് നമ്മളെ പ്രാപ്തരാക്കുവാൻ ഈ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ സ്വയപ്രയത്നം കൊണ്ടോ സ്വന്തമായ നിരൂപണങ്ങളിലോ നമുക്ക് അത് അതിലെത്തിച്ചേരാനായിട്ട് കഴിയുകയില്ല ഈ ദൈവവചനത്തിൽ കാണുന്ന യോഗ്യതകളൊക്കെ പ്രാപിച്ച് ആ അനുഭവങ്ങളൊക്കെ നമ്മുടെ അനുഭവങ്ങളാക്കി നമുക്ക് ദൈവത്തോടുള്ള അടുത്ത ബന്ധത്തിൽ ജീവിക്കാം ഫലകരമായൊരു ഗൃസ്തി ജീവിതം നയിപ്പാൻ അത് നമ്മളെ പ്രാപ്തരാക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക നന്ദി